ഒരു വ്യാസക്തനോട് പറയുകയാണ് വ്യാസന് ഉപദേശം ശുഭല തൃത്ത അതിന് തൃപ്തി വരുക അത് മനസ്സിലാക്കിയപ്പോൾ വ്യാസം പറയുന്നത് വസു ഭാഗങ്ങളിൽ ജനകളെന്ന് പറയുന്ന രാജാവുന്നു അസവും യഥാവും വേണ്ടി അറിയേണ്ടത് ഇവൻ ശരിയായി അറിയുക തസ്മാർ ഭഗവാം നീ അവിടെ നിന്നും എല്ലാം നേടും അറിയും അറിയേണ്ടതല്ല ഞാനല്ലോ കഥയാണ് കഥയിൽ പോയി ചോദിക്കും മനസ്സിലാവും കഥയിൽപ്പെടുത്തപ്പെടുകൾ ഉണ്ടാവില്ല ആദ്യമേ പറഞ്ഞു ഈ ഗ്രന്ഥകാരന്റെ ആശയം എന്താണോ നമ്മൾ മനസ്സിലാക്കാം അത് ശരിയൊക്കെ എല്ലോന്നുള്ളത് അതിനുവേണ്ടിയൊരു കഥ അവരെ കഥ ചോദ്യങ്ങളൊന്നും നമുക്ക് സമാനമായിട്ടില്ല വ്യാസങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളിൽ നിന്നെല്ലാം വേറും എന്റെ പുത്തുകളോട് പറയുന്നു തസ്മാനം ഇത്രയും ശുഭത്തായ ശുദ്ധയോ വസുതും ഇതേ എന്നുള്ളതിലേയും പ്രാഭ ജനക അഭിപാതി പിതാവങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ വസു പ്രായ മനേര സുഖൻ വിധിക്കുന്നത് വസു കലത്തിലാണ് ഒന്നും മനേരമല്ല സുമേനും ഉടനെ തന്നെ അവൾ എന്തറക്കി കാപ്പിദേഹ രാജ്യത്തെത്തി ചേർന്ന് ജനകീയ ജനകൻ കരി ജനകൻ രാജാവായിരിക്കുന്നു ആ രാജ്യത്തെത്തി ചേർന്ന് ആമേന്ദോസോ രാഷ്ട്രീയം ജനകായ മഹാത്മനെയും രാജം ശുഭോത്ര സ്ഥിതവാൻ ജനനായ മഹാത്മനെയും അസവും ആമേ മഹാത്മാവായ ജനങ്ങളോട് യാഷികന്മാർത്താവർക്കാർ അസവും അവയെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് ബോധിപ്പിച്ചു ശിവൻ വന്നതായിട്ട വിദ്യത്തിന് വ്യാസസ്വന്തോരായും സുഖോഗ്രഹസ്ഥിതമായി അങ്ങനെയാണ് ബോധിപ്പിച്ചത് അതാ ഏറ്റവും വ്യാസസുതാരും വ്യാസപുത്രനായാലും സുഖം സ്ഥിരമാണ് ശുഖനവിടെ നിൽക്കുകയാണ് അല്ലെങ്കിൽ കാണാൻ പോലെയാണ് തടയുന്നത് ജിജ്ഞാസാ ശുഖസ് അസവം ഏവീക്ക് അവജ്ഞയ ഉള്ള ബഹുഭവജനകൾ തൂഷ്ജനക ജിജ്ഞാസം ശിവസിജ്ഞാസാർക്കം ശിവ ശുഗനെക്കുറിച്ച് അറിയാൻ വേണ്ടി ശുഗസ്ഥിതി ഈ ശുഗൻ എങ്ങനെയുള്ളവനാണ് വേണ്ടി അസ്ഥോ അവട്ടെ എന്ന് അവജ്ഞയോടുകൂടി പറഞ്ഞിട്ടും വൈദ്യുതി വ്യാസപുത്രനായ ശിവൻ വന്നുണ്ടെന്നവരും കാര്യമായി പറഞ്ഞിട്ടും അതിനെ അവജ്ഞയോടുകൂടി പറഞ്ഞിട്ട് നയിക്കൊണ്ടിരിക്കട്ട് അവിടെ വന്നുണ്ട് അവജ്ഞന്ന് വെച്ചാൽ അവജ്ഞ അനാഥരോടുകൂടി കുച്ഛത്തോടു കൂടി ഒട്ടും മൈൻഡ് ചെയ്യാതെ പരിഗണിക്കാതെ അതാണ് അവജ്ഞാമെന്നും അപമാനിക്കത്തരത്തിൽ അവജ്ഞയോടുകൂടിയാണ് പെരുമാറുന്നത് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കപ്പുച്ഛത്തോട്ടു ഒരു പരിഗണനയും കൊടുക്കാതെ ആസ്ഥാനം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അവിടെ നിന്നോട്ടെ ഇങ്ങോട്ട് അത സപ്തദിന എൻ്റെ ഒരു തൂഷിന ശിവനന്റെ ഒരു ഏഴ് ദിവസം അവിടെ ഉണ്ടാകുന്നു ഏഴ് ദിവസം അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ എന്തോട്ടെ എന്ന് പറയുന്നത് ജനങ്ങളും ഉണ്ടാകുന്നും പറയാം അങ്ങോട്ടോട്ടൊക്കെ തന്നെ അല്ല ഇങ്ങനെ അവയ്ക്കോടുകൂടി പറഞ്ഞ് ദിവസം ഉണ്ടാകില്ല ഒന്നും ഉണ്ടാകെ പറയും അച്ഛൻ പറഞ്ഞു ജനങ്ങനെ കാണാൻ തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അന്ന് തന്നു പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസവും അങ്ങനെ ഏഴു ദിവസം എന്റെ ഏഴ് ദിവസത്തിനാണ് അതൊക്കെ അതോ ഇല്ലാതെ അതൊക്കെ പറയുന്നില്ല വ്യാഖ്യാതാക്കൾ കഥ പറയുന്നവർ പറയുന്നത് ജലപാലം പോകുന്നതല്ലാതെ അവിടെ നിന്നാണ് കഥയിലും പറയേ കഥയിൽ നമ്മള് പിടിച്ചേക്ക അവരവരുടെ സൗകര്യം പോലെ എന്തായാലും വേറെ നിവർത്തിയില്ലല്ലോ അകത്ത് കേറ്റുന്നില്ല കേറ്റിട്ട് പുറത്തേക്കും ശരിയാണോന്ന് ചോദിച്ചാൽ അത്ര ശരിയെന്നില്ല ഒരാള് നമ്മളെ കാണാൻ വരുമ്പോ ഏഴു ദിവസമൊക്കെ പുറത്ത് നിർത്തുക എന്ന് പറഞ്ഞ അതിനും കഥകളിൽ പറയുന്ന എന്താണോ ജനകൻ പരീക്ഷിക്കാൻ വേണ്ടി അവിടെ നിർത്തിയാണോ ശുഖന് എന്ത് പരീക്ഷ പാസാകുന്നു അവിടെ നിൽക്കാൻ പറഞ്ഞ എന്താ പരീക്ഷ അത് ശുഖൻ നിൽക്കുന്നു അതേ അവിടെ കടന്ന് വേണം അവസാനം ഒന്നൊന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോകേണ്ടി വരും അങ്ങനെ കഥകൾ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊന്നും ഇവിടെ ഇല്ല അങ്ങനെ ഒന്നുകൂടെ പറയുന്നില്ല അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അത്ര അവജ്ഞയോടുകൂടി പറഞ്ഞോളൂ അവിടെ ഏ ഒന്നുകൂടെ പറയുന്നില്ല അവിടെ നിന്നു കാരണം എന്താണ് നടക്കുന്ന പറയുന്നത് കഥ പ്രവേശയാമാസ ജനത ശുഭം അങ്കണം താഴ സപ്തയിൽ തഥൈവസം ഉന്മനാഹം കഴിഞ്ഞപ്പോ കഥ മറ്റേ ഏഴു ദിവസം കഴിഞ്ഞപ്പോ പ്രവേശയാമാസ ജനക ശുഭമങ്കണം ശുഭനെ മുറ്റത്തിലേക്കൊന്ന് കടത്തി ഗേറ്റ് കടത്തി സപ്തേമ്പർ വീട്ടിലെ ഏഴ് ദിവസം അവിടെ തഥേ അവസം ഉന്മനാഹ ഉന്മന എന്ന് പറയുന്നതിനും യജ്ഞതാക്കൾ പറഞ്ഞെങ്കിലും ജിജ്ഞാസയോടുകൂടി ഇവിടെ നിന്നാണ് കാരണം അറിയാം വന്നേ അച്ഛൻ പറയുന്നത് വന്നേ ഇനി എന്താണ് ജനകൻ പറയുന്നതെന്ന് അങ്ങനെ പറയാം സിയോടുകൂടി അവിടെ നിന്നു വീണ്ടും ഏഴ് എന്നിട്ട് കാണുന്നില്ല ഇതും ആൾക്കാർ വ്യാഖ്യാനി പരീക്ഷണം ഈ കഥയില് പൊരുത്തക്കേട് വരും ആശയത്തിലല്ല ഈ തത്വങ്ങൾ കഥയിലൂടെ പറയുമ്പോ കഥയിൽ വരുന്ന പൊരുത്തക്കേടുകേട് നമ്മൾ തത്വത്തിന്റെ പൊരുത്തക്കേടായി പറയണ തത്വത്തിന് കുഴപ്പമൊന്നുമില്ല തത്വം വളരെ വ്യക്തമാണ് തത്വം രണ്ട് സമാനം രണ്ട് കാര്യങ്ങളാ പറ അവരൊന്നും പൊരുത്തക്കെടുക്കും കഥയിൽ പതിനാല് ദിവസമുള്ള അതിനെന്തോ പൊരുത്തക്കെടുക്കണമെന്ന് വെച്ചു എന്തെങ്കിലും ഞാൻ ഒരു സമാനമാണ് പരീക്ഷിക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ കൃത്യ കേട്ടുണ്ട് എന്താണെന്ന് എന്താ എനിക്ക് നിങ്ങളെ പരീക്ഷിക്കാം നിങ്ങൾക്ക് എന്നെയും പരീക്ഷിക്കാം എന്നുണ്ടെന്ന് നമുക്ക് പരസ്പരം അറിയില്ല അറിവില്ലാത്തടത്താണ് പരീക്ഷിക്കുന്നത് നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് ഞാൻ എങ്ങനെയുള്ള ആളെന്നറിയാം എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്ന എന്തുകൊണ്ട് അത് നിങ്ങളെങ്ങനെയുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പരീക്ഷിക്കാം നമുക്ക് രണ്ടു പേർക്ക് പരസ്പരം അറിയാമെങ്കിൽ പരീക്ഷിക്കുന്ന എന്റെ ആവശ്യത്തിൽ പരീക്ഷിക്കാണെന്ന് പറയാൻ കാരണം ഇവൻ ഞാൻ ജനകരി ഞാനിയാണ് അതും ഇവിടെ തന്നെ പറയുന്നത് രണ്ടുപേരും ഞാനിയാണ് രണ്ടുപേരും ജ്ഞാനികളെ ഒരാൾ മറ്റൊരാളങ്ങനെ പരീക്ഷിച്ചു പരസ്പരം അറിയണ്ടേ രണ്ടു വിജ്ഞാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിച്ചു ഞാനിക്ക് അജ്ഞാനിയും പരീക്ഷിച്ചു അജ്ഞാനിക്ക് വേണ്ടി വന്ന ജ്ഞാനിയും പരീക്ഷിച്ചു പക്ഷെ ഞാൻ ഞാനിയും എങ്ങനെ പരീക്ഷിച്ചു ഞാനിക്കും പരീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം അജാനേ കുറിച്ച് അല്ല അറിയുകയാണ് അദ്ദേഹം പരീക്ഷ സർവജ്ഞനാണെങ്കിൽ പരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട് അറിയാം അദ്ദേഹം പരീക്ഷിക്കും ശേഷങ്ങൾ വ്യക്തമായി ശിവൻ എല്ലാ വിദ്യ നേടിയ ആളാണ് വിദ്യ നേടുന്നതിന് വേണ്ടി വിദ്യ നേടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്താണ് അയാൾക്ക് അതിനുള്ള യോഗ്യതയൊന്നോ ഇല്ലയോ എല്ലാം വിദ്യ കൊടുക്കുന്നയാൾ അറിയണം എന്താ വിദ്യ കൊടുക്കുന്നയാൾ സർവജനാംഗരായൊക്കെ അറിയാം പരീക്ഷിച്ചറിയേണ്ട കാര്യമില്ല ശില്യ കൊടുക്കുന്നതെല്ലാം അറിയുന്ന ആളാണെങ്കിൽ പിന്നെ എങ്ങനെ പരീക്ഷ അങ്ങനെ പരീക്ഷണം എന്ന് പറഞ്ഞവിടെ വ്യക്തിഭംഗം ഇനി എല്ലാം അങ്ങനെ അറിയാത്ത ആളാണെങ്കിൽ പരീക്ഷ അതാണെങ്കിൽ ആവാം എല്ലാം അറിയുന്ന ആളാണെങ്കിൽ പരീക്ഷ ഡയകലിയ ജീവിതം യോഗ്യത പിന്നെ എന്താണ് പരീക്ഷിക്കുന്നത് പിന്നെ ഇവിടത്തെ ഒരാളായിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് എന്താ കാര്യം വിശ്രാന്തിയാണ് ചോദിക്കുന്നത് അതിന് ജനകന്റെ സമാധാനമൊന്നുമില്ല അതങ്ങനെ കൊടുക്കാൻ അങ്ങനെ കൊടുക്കുന്നതിന് പല പ്രശ്നങ്ങളും ഉണ്ട് ജനകന്റെ അപ്പോയിന്മെന്റിന് വേണ്ടി എന്താണെന്ന് ഇപ്പൊ ഇവിടെ ആരെങ്കിലും അമ്മയെ കാണാൻ പോകുന്നു അപ്പോയിന്റ്മെന്റിന് വേണ്ടിയാണ് നിങ്ങൾ ആ റോഡിന്റെ പുറത്തേക്കാൻ പറയുന്നത് അവരെ സ്വീകരിച്ചു കൊണ്ടുവന്നു ഒരു മുറിയെ പോകത്ത് സാധാരണ ആതിഥ്യ മര്യാദ അവിടെ ഇരത്തി അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് ബോധമുള്ള ആൾക്കാർ ആണോ ചെയ്യുന്നത് അല്ല റോഡ് ചെയ്യുന്നത് എന്ന് പറയുവാണെങ്കിൽ അങ്ങനെ പറയാൻ പാടു പിന്നെ വന്നതായിരുന്നു സുഖൻ ജ്ഞാനിയാണ് അന്ന രീതി ഇവിടെ മൂന്നുപേരും ജ്ഞാനികളാണ് വ്യാസൻ ഞാനിയാണ് സുഖനി ജനരംഗങ്ങളും ഇവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പരീക്ഷിക്കുന്നത് ഏ ആ സുഖൻ എന്താണ് സുഖന് അറിയേണ്ടത് എന്താണ് ചിത്തവിശ്രാന്തി ചിത്തവിശ്രാന്തി എന്ന് പറയുന്നതാണ് അറിയേണ്ടത് അത് ജനകുന്നു അറിയില്ല അത് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി പരിചയം പറഞ്ഞെന്ന് പറയാൻ പറ്റില്ല ജനവിന് പൈസ കാര്യമാണ് അത് വ്യാസനവുമില്ല ജനങ്ങളില നിങ്ങൾ ഇനി ഒരു വിദ്യ നിങ്ങളുടെ കയ്യിലുണ്ട് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവനങ്ങനെ ഇത് പഠിക്കണ്ട അത് തന്നെ ഒരു നമുക്കവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനെ കഷ്ടപ്പെടുത്തിയിട്ട് പറഞ്ഞു കൊടുക്കുക അതൊക്കെ പഴയ രീതികളാണ് പിന്നെ ജനകൻ അറിയാൻ വയ്യാത്ത ആളല്ലേ ശിവൻ കാരണം ജനകം പറയും വ്യാസനന്റെ ഗുരുവാണ് വ്യാസന് ഗുരുവാണ് അങ്ങനെ പോവുകയാണെങ്കിൽ വ്യാസന്റെ പുത്രൻ വെച്ച ഗുരുപുത്രനാണ് ശരിക്കും അപ്പൊ മനസ്സൂർ പോലെയുള്ള സ്ഫൂർ പറയുന്നത് ഗുരുവിന്റെ പുത്രനെ ഗുരുവിനെ പോലെ ബഹുമാനിക്കുകയും ഗുരുവിന്റെ ഇത് കഥയിൽ വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് തത്വത്തിലല്ല കഥ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് വരുന്ന കഥയില് വരുന്ന പുറത്തൊക്കെയാണ് പറയുണ്ട് അതാത് ശിവനിലോ ജനകനിലോ വ്യാസനിലോ എങ്കിലും പുറത്തു കേട്ടുണ്ടെന്നോ ന്യൂനതയുണ്ടെന്നോന്നു അല്ല ഞാൻ പറയുന്നു തത്വത്തിൽ ന്യൂനതയല്ല ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു കഥ പറയുമ്പോൾ അതിന് പുരത്തൊക്കെ പുറത്തൊക്കെ എഴുതുന്ന കഥ എഴുതുന്നതാണ് പ്രശ്നം അതായത്യോ ജനകന്റെയോ പ്രശ്നമുണ്ട് ഒരു പുത്രം ഗുരുവിനെ പോലെ ആരാധിക്കുന്നു പോലിക്കുന്നു ഒരു പുത്രനാണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് ബഹുമാനിക്കുന്നു ഈ കഥ എഴുതിയാണ് കഥ വേറെ ഏതോ ലോകത്തിലേക്ക് കൊണ്ടുപോയി അതെന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയുള്ളത് ഈ ആൾക്കാർക്ക് ഇനി പ്രസംഗിക്കുന്ന കഥ പറയാൻ വേണ്ടി കാണും ഗൃഹസ്ഥൻ അങ്ങനെ സന്യാസികൾക്കാണ് ശ്രേഷ്ഠനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് അല്ല തന്നെയാണ് കഥയിൽ വേറെ പാഠം ഇല്ല തത്വം ഉണ്ട കഥ എഴുതിയാൽ അത് പറയാന നമ്മളിപ്പോ പഴയകാലത്ത് ഇന്ന് അതൊക്കെ പറ്റില്ല പഴയകാലത്ത് നമ്മള് നിസ്സാരമായി ഡ്രൈവിങ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആശാം പരീക്ഷയും തരക്കെട്ട് തരട്ടുകയും ഇടിക്കുകയൊക്കെ ചെയ്യും പഴയ കാലത്ത് ഇന്ന് അത് പറഞ്ഞ അകത്തായിട്ടു ഇന്ന് കാരണം മാറി പഴയ തന്നെ വിദ്യകൾ എന്താ ആത്മവിദ്യയാണ് അമ്മ വിദ്യയാണ് കൊടുക്കുന്നത് വരുന്നയാളും ആരും ആത്മവിദ്യ ഉള്ള ആണ് അപ്പൊ പിന്നെ ഈ പഴയ എന്താണ് ട്രെയിൻ കൊടുപ്പിക്കുന്ന ആശം പോലും കട്ടാനൊന്നും പാടില്ല അതങ്ങനെ ശരിയാവും വായിക്കുന്നവർ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും ചിന്തിക്കാത്തവരാണെങ്കി അത് പ്രസംഗിച്ചോന്നിടങ്ങി എന്തോ വലിയ കാര്യങ്ങളും ചിന്തിക്കുന്നവർക്ക് അത് പ്രശ്നമാണ് ബോധമുള്ളവർക്ക് അതൊന്നും പ്രശ്നമാണ് ബോധമില്ലാത്തവർക്ക് അതൊക്കെ വലിയ കാര്യമാണ് അങ്ങനെ പറയുന്നതിനൊക്കെ വലിയ കാര്യമില്ല കടന്ന് ഒരു എന്താണ് തത്വനിഷ്ഠയുള്ള ഒരാളാണ് വന്നിരിക്കുന്നത് യാതൊരു സംശയം അതിന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അവിടെ ഈ കഥ യോജിപ്പിക്കും ഇങ്ങനൊരു കഥ ഒരു തത്വജ്ഞാനി അതേപോലെ തത്വജ്ഞാനം ഉള്ള ഒരാളില് അവിടെ എന്താണ് പരീക്ഷിക്കുക എല്ലാം ബഹുമാനിക്കാനായിട്ട് ആദരവാണ് അവിടെ എല്ലാം പരീക്ഷിക്കേണ്ട സ്ഥാനം അങ്ങനെ വന്നുപോയി എന്ന് പറയുന്നത് വന്ന ആൾക്ക് കുറ്റമാണ് ശിക്ഷിക്കാൻ നിങ്ങൾ എന്റെ അടുത്ത് വന്നുപോയി ജ്ഞാനിയായ സ്വതന്ത്ര മനുഷ്യർ അതെന്താ ഒരു കുറ്റമാണല്ലോ ഏർ പിന്നല്ലാതെ എത്ര ദിവസം അവിടെ അവിടെ ഓടിയും എങ്ങനെയാണോ ഒരാളെ സ്വീകരിക്കേണ്ടത് ഒരു ജ്ഞാനിയെ സ്വീകരിക്കേണ്ടത് അതും മറ്റൊരു ഞാൻ ഇത് അവജ്ഞയാ എന്നാണ് ഉച്ചത്തോടുകൂടി ഒരു ജ്ഞാനിയോട് വേറെ ജ്ഞാനി കുച്ഛം കാണിക്കുന്നു യുക്തിക്ക് നിരക്കുന്നുണ്ടോ നോക്കുക കഥ ഇങ്ങനെയാണ് കഥ ഞാൻ പറയുന്നു ഒരു കഥ എഴുതിയ കാഴ്ചപ്പാടാണ് സുബ്രഹ്മിക്ക് വേണ്ട സമാധിയാണ് അതാണ് വേണ്ടത് ആ സമാധി എന്ന് പറയുന്നത് ഇപ്പം അച്ഛന്റെ കയ്യിലും നടക്കത്തില്ല ജനകന്റെ കയ്യിലും നടക്കത്തില്ല സ്വയം വിചാരിച്ച ആൾ കാര്യം നടക്കും അപ്പോ ഇത് പൊരുത്തിനായിട്ടുണ്ട് മൊത്തം പറയും അപ്പൊ ഞാനും കഴിഞ്ഞാൽ സമാധി വേണോ എന്ന് ഈ ഗ്രന്ഥകാരന് സ്ഥാപിക്കുന്നു അതിനുവേണ്ടി കൂടെ ഉണ്ടാക്കി കഥ അവസ്ഥാപിച്ചുകൊണ്ട് കുഴപ്പമൊന്നും വന്നു പക്ഷെ കഥയിലാണ് എടുത്ത മുറ്റത്തേക്ക് കിടത്തി വീണ്ടും എന്റെ ഒരു ഉന്മനാകാം ഉന്മനാകുന്ന പലതരത്തിലും വ്യാഖ്യാനിക്കാം കൂടെ പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനത്തിന്റെ ഞാൻ എടുക്കും അധപ്രവേശിയാവാസമോ അന്തപുരം രാജാനം ദൃശ്യമാണ് വീണ്ടും അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച ദിവസം കണക്കോട്ടുകളും കുറേ വീണ്ടും അതിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിച്ചു അന്ധ പുരമിച്ച നേരത്തെ പ്രവേശിച്ച കുറ്റത്താണെങ്കിൽ ഇപ്പൊ അതിൻ്റെ അകത്ത് പ്രവേശിപ്പിച്ചു അന്തപുരം അത്രയെക്കാണോ സ്വീകരണ മുറി നടത്തോളം സ്വീകരണ മുറിയിലേക്ക് കിടത്തി രാജാലം കാണാനില്ല അതുകൊണ്ട് ഇരിശസ്താന വീണ്ടും ഏഴു ദിവസം പോയി അപ്പൊ എത്ര ദിവസമായി ൊന്ന് വയസ് മനുഷ്യന്റെ സമയത്തിൽ ഒരു വിലയില്ല വീണ്ടും ഇതൊക്കെ ഈ കഥ ഇങ്ങനെ കൂട്ടുന്നതാണ് ഗ്രഹസ്ഥന്റെ മാഹാത്മ്യത്തെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കഥയെ ഇങ്ങനെ ഇത് കേറ്റിച്ച് കൊണ്ടുപോകുന്നത് ഗ്രഹസ്ഥൻ ഞാനിയായാൽ അത് വലിയ മഹത്വമുള്ളതെന്ന് കാണിക്കാണ് അതാണ് ഇതിന്റെ ലക്ഷ്യം ഒരു സന്യാസി അവിടെ ചെന്ന് ഇത്രയും ദിവസം കാത്തുനിന്നു ഇതാണ് എല്ലാരും പ്രസംഗിക്കുന്നത് ഇത് എനിക്ക് രഹിതമായ ഒരു കാര്യം അത്ര പോലും അത് പറയേണ്ടതായിരുന്നു അല്ലെന്തെങ്കിലും പൊരുത്ത കേട്ടുണ്ടെങ്കിൽ അതും പറയും തത്ര ഉന്മത ഭോജനേ ഭോഗസന്ധി ജനം ലാലയാസുഖം ശസ്യസമ്മാനം ഇതാണ് ഏറ്റവും വലിയ വൃത്തികളി എന്ത് ചെയ്ത് തത്രം ഉന്മദാവിന്മ ഉന്മാദികളായ സ്ത്രീകളെ കൊണ്ട് പ്രലോഭിപ്പിച്ചതാണ് അപ്പോ ഒരു സന്യാസി ഒരു രാജാവിനെ കാണാൻ ചെന്നല്ലെന്ന് ഇരക്കിയാണ് കാണിക്കുന്നത് ഇംഗ്ലീഷ് അങ്ങനെയാണ് അത് തത്വായി ഉന്മദാകി എന്ന് വെച്ചാൽ ശരിക്കും ഒട്ടും ഏശ്യങ്ങളും അങ്ങനെയുള്ള സ്ത്രീകളെ കൊണ്ട് പ്രലോഭിപ്പിച്ചു ഇതും മഹാഘോഷം എൻ്റെ ഒരു മാന്യനായ വ്യക്തിയുടെ വ്യക്തിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് ഇത് അസംബന്ധിവാ അതിന് അതിൽ ന്യായം എതിരെ ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇതിനൊക്കെ ചെയ്തെങ്കിലും അവരോടൊപ്പം ഏഴു ദിവസമാകഴിഞ്ഞു അവിടെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും നാട്ടുകാർക്ക് പറയാമല്ലോ ഏഴു ദിവസം അവിടെ എന്തായിരുന്നു പരിപാടി അപകീർത്തി ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല സന്യാസി അങ്ങനെ സ്വീകരിക്കും ഏത് ജ്ഞാനിയാണെങ്കിലും ലോകത്ത് ജ്ഞാനി ഒരു സന്യാസിയും ഇങ്ങനെ സ്വീകരിച്ചിട്ടില്ല ഒരു മഹാമോശം വൃത്തിയുള്ള ഒരു പണിയാണ് ജനങ്ങൾ കാണിച്ചത് ഇന്നത്തെ കഥാകാരും ഒരു നമ്മളൊക്കെ എങ്ങനെ ചിന്തിക്കുന്നില്ല ഇതൊക്കെ ആൾക്കാർ ഭയങ്കര സംഭവമായിട്ടാണ് പറയുന്നത് ഇതെങ്കിലും ഒരാൾ നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ട് അയാൾ നശിച്ചതെന്ന് പറഞ്ഞു എന്താണ് ഇതൊക്കെ ചെയ്തത് സ്വതന്ത്രം മഹർഷി എന്താണ് വിധിച്ചലിക്കുമോ എന്നറിയാനോ ഇപ്പൊ ജനകൻ ഒരു തത്വം കഴിയുകയോ ഇതൊക്കെ കൊണ്ട് ജനകൻ പരിഹരിക്കുന്നു ഇതെല്ലാം ആർക്കും അറിയാവുന്നു മറ്റൊരു ജ്ഞാനിയാണോ ജ്ഞാനിയാണോ എന്നിരിക്കുന്നു മറ്റൊരു ജ്ഞാനിക്കും പരിചയം ഉണ്ടാവുന്നുണ്ട് അവന്തിനാ പരീക്ഷിക്കാതെ തന്നെ അറിയാം ഈ പറയുന്നതും യാതൊരു ഇതാണോ കോവിഡിനൻസ് ഇല്ലാത്ത കാര്യങ്ങളായാലും മനുഷ്യനാണെങ്കിലും ഇനി ചെയ്യാൻ പാടില്ല ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കാൻ പാടില്ല അജ്ഞനാണെങ്കിൽ അത് നശിപ്പിക്കാൻ ശ്രമിക്കുക അവിടെയും ചെയ്യാൻ പാടില്ല ഞാനീ അടുത്ത് ഗുരുതാരം ചെയ്യാൻ പാടില്ല ഗുരുപുത്രനാണ് ഗുരുപുത്രങ്ങനെയാണ് ും ഭജനേയും ഭോഗസേ ഭോജനം മാത്രമല്ല ഭോഗസഞ്ചയം മദ്യവും മധുരാക്ഷിയും എല്ലാം അവിടെ കൊണ്ടുവച്ചാലും നിങ്ങൾ എങ്ങനെ അഞ്ചാജിമാനോട് തീരുമാനം ജനങ്ങൾ ലാലയള ജനങ്ങൾ പ്രലോഭിച്ച പ്രലോഭിപ്പിച്ചോന്നാണ് ശിവം ശശി സമ്മാനമാണ് സുന്ദരനായ ശിവന് എന്നോട് പറയും അപ്പൊ അത് അരുതാകുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കഥയായിട്ട് വാസ്തവത്തിലെ ജനകനല്ല ഇത് വാസ്തവത്തിലെ ശിവനുമല്ല ഈ കഥയിലെ ശിവ ജനകരമാണ് അത് ശരിയായാലും അപ്പൊ ഇങ്ങനെ എന്താ ആൾക്കാരുടെ സന്യാസിമാരൊക്കെ എങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങി അവർക്കറിയല്ലോ ഞാൻ ആൾക്കാർ അവവർത്തിച്ച ഒരാൾ ഈ കഥ എന്ന് പറയുന്നത് ഉദ്ദേശിച്ച കാര്യം ഇല്ല സാധിക്കുകയും തേ ഭാദാ സമുദ്ര കന്മന ജന ബന്ധമേ വിവാചകുഃഖാൻ കാരണം വിരക്കണം എന്നാണ് ഇതൊക്കെ ദുഃഖമാണ് ഭോഗങ്ങളെല്ലാം ദുഃഖമാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വിരക്കെ പ്രാപിച്ചതാണ് അതാണ് സന്യാസികൾ വ്യാസപുത്ര ത മന അതൊന്നും ആ മനസ്സിനെ ആകർഷിച്ചതേ തസ്യ മനഃ ശിവന്റെ മനസ്സിനൊന്നും ആകർഷിച്ചില്ല ഏതുപോലെ മന്ദപവനാ ബദ്ധപീഠം ചുവടു പർവ്വതത്തെ എങ്ങനെയാണോ മന്ദപവന ഇളങ്കാറ്റ് ഇളക്കാക്ക അതുപോലെ ഇവിടെ ചെല്ലുന്ന ശുഭബ്രഹ്മർഷി ഒരു ജ്ഞാനിയാണെങ്കിൽ ഒരു ജ്ഞാനിക്ക് എന്താണ് ജനകനും നിന്ന് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യ കൊള്ളാം ഇയാൾ ജ്ഞാനിയാണ് കാരണം ഒരു ജ്ഞാനിക്കും വേറൊരു ജ്ഞാനിയിൽ നിന്നും അംഗീകാരമോ സർട്ടിഫിക്കറ്റിന്റെ വാങ്ങിച്ചു എന്തുകൊണ്ട് അത് സോഹൃദയ സമയത്ത് ഒന്നാണ് വേറെ ആൾ സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു വേറെ ആൾക്ക് യാതൊരു അവകാശവും പ്രിയണിപ്പിച്ചിരിക്കുന്ന മൂന്ന് മാസങ്ങളും ഈ കഥ ഇവിടെ ഒരു പരീക്ഷണത്തിനുള്ള യാതൊരു പ്രസക്തി അതും ഒരു ജ്ഞാനി വേറെ ജ്ഞാനി പരീക്ഷിക്കുന്നു രണ്ട് അസുഖം പിന്നെ കഥ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള രംഗങ്ങളെല്ലാം ബോധവില്ലാത്ത ആൾക്കാർ വായിച്ചിരുന്നത് വലിയ സംഭവമാണെന്ന് പറയുക അതൊക്കെ നടക്കും ില് രണ്ട് ഞാനിയുടെ ഇടയ്ക്ക് നടക്കുന്ന കാര്യം തന്നെയാണ് ഒരു കാലാവസ്ഥാനിയാണ് ഞാനും വേറെ ഞാനും എന്നാണ് അംഗീകാരം കൊടുക്കേണ്ട ആവശ്യം അവരവരുടെ അംഗീകാരം തന്നെയാണ് മറ്റുള്ള അംഗീകരിക്കേണ്ട ആവശ്യം കാരണം രണ്ടുപേർക്കും ഒരേ ജ്ഞാനമാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ കഥ ചെയ്യുക കേവലം സ്വസം സ്വസ്ഥി മുദിതമാനസ അതിഷ്ട്ര സമ്പൂർണ്ണ സമ്പൂർണ്ണ ചന്ദ്രമാ ഒരു പൂർണ്ണ ചന്ദ്രനം പോലെ പ്രകാശപൂരിതായ ഒരു പോലെ മുദിതമാനസഹ ോടുകൂടി മോനിടെ ജ്ഞാനത്തിന്റെ അവസ്ഥ കാണും സ്വസ്ഥ തന്നെ തന്നെ സ്ഥിതി ചെയ്യുന്നവനായി കേവലം സുസമഹ സമത്വത്തെ വിടാതെ വിടെ ഇരുന്നു ഇത്രയും ദിവസങ്ങൾ എത്ര ദിവസമായി പുറത്തെഴു ദിവസം മുറ്റത്തെ ഏഴു ദിവസം ശ്രീകണ്ഠമുറി ഏഴു ദിവസം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഏഴു ദിവസം അവിടെയൊക്കെ ഇരുന്നു അതൊക്കെ ഇരിക്കാൻ സാധിക്കും പക്ഷെ പരീക്ഷിച്ചതാണല്ലോ അങ്ങനെ ഒരു ഞാൻ വേറൊരു ഞാൻ ഈ പരീക്ഷിക്കുന്ന അതിൽ യാതൊരു അർത്ഥവുമില്ല അത് അർത്ഥശൂന്യമായൊരു ഏർപ്പാടാണ് അത് ഈ തത്വം ഞാനോട് യോജിക്കുന്നതായിരിക്കണം ുള്ള അതാണ് ജനകൻ തത്വജ്ഞാനി ആ തത്വജ്ഞാനിയായ ജനകൻ എനിക്ക് തത്വജ്ഞാനിയും പരീക്ഷിക്കത്തില്ല പിന്നെ ജനകന് സർവം അറിയുന്നവരാണ് യോഗജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ ആരെയും പരീക്ഷിക്കുക പരഹൃദയജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ അവരെ പരീക്ഷിക്കട്ട ആവശ്യം അവരുടെ യോഗ്യത അറിയാം അത് ശരി പ്രവർത്തിച്ചാൽ പിന്നെ പരഹൃദയജ്ഞാനെങ്കിലും പരീക്ഷിച്ചു പരീക്ഷ വരുന്നത് അവിടെയാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന എന്താണെന്ന് അറിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ പരീക്ഷിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കും പരീക്ഷിക്കും അറിയില്ല അത് അല്ല എനിക്കതിനുള്ള ശേഷിയുള്ളവരാണ് നിങ്ങളുടെ ഉള്ളെന്താണ് എന്ന് ശേഷിയുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ പരീക്ഷിക്കേണ്ട ആവശ്യം നിങ്ങളെങ്ങനെയോ അങ്ങനെ നിങ്ങളോട് പെരുമാറിയാൽ മതി നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട ചെയ്താൽ മതി പ്രവർത്തിക്കേണ്ട ആവശ്യം നിങ്ങളതിനൊക്കെ എങ്ങനെ സ്വീകരിക്കുമെന്നും എങ്ങനെ തള്ളിക്കളയുമെന്നും ഒക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയുന്നവനാണ് എനിക്കങ്ങനെ വിശേഷജ്ഞാനമുള്ളവനാണ് ൂടെ അടുത്ത് കാണിക്കുന്നുണ്ട് ശിവമഹർഷിയുടെ ശ്രേഷ്ഠത ഇതുകൂടാതെ നമുക്കാർക്ക് ബോധ്യപ്പെടുന്നു അങ്ങനെ അതെ അതിന്റെ ഞാൻ ഇതുവരെ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ പിന്നെ ശുഖൻ ഇനി ജനകന്റെ കാണിക്കുന്നു ഞാനിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം ശ്രേഷ്ഠത്തെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പെരുമാറിക്കഴിയും ഇതെവിടെ ചെന്ന് അന്യവിന്യാസിലെ ദോഷം അന്യവിന്യാസിലെ ദോഷം ദോഷം അപ്പൊ ഇതൊക്കെ ജനകനോട് കാണിക്കാനും ശിവന് പറ്റും ശിവനും മര്യാദകളോണ്ടാവും കാണിച്ചു ഇനിയിപ്പൊ ശുഖന് ഇങ്ങനെയൊക്കെയാണ് ലോകത്തിന് വലിയ ആളാ കാണിച്ചു ഇനി ജനകന് എന്ത് കാണിച്ചിട്ട് കാണിക്കും അത് ശിവനും കാണിക്കും ശുഖൻ വന്നപ്പോ കുറെ കൊണ്ടുവരണ്ടേ ജനകനെ പരി ഇല്ലാതെ ശുഭൻ ചെയ്തു വെറും പൊട്ടത്തല്ല അർത്ഥമില്ലാത്ത കാര്യമാണ് ശുഖൻ ആരാണെന്നുള്ള ഇവിടെ തന്നെ പറയുന്നു ജനകൻ തന്നെ പറയുന്നു അറിയാവുന്ന കാര്യങ്ങൾ കാരണം വ്യാസന്റെ പുത്രനാണ് ജനകം പറയുന്നു നീ വ്യാസന്റെ പുത്രനാണ് ഞാൻ വ്യാസന്റെ നിമിഷനാണ് അപ്പൊ അറിയുന്നതല്ല രണ്ടുപേരും അറിയാനല്ല ി വ്യാസൻ എന്തിന് ശിവന് ജനകന്റെ അടുത്ത് പറഞ്ഞു വിട്ടു അത് അവിടെയാണ് പൊരുത്തക്കേട് ഈ കഥയനുസരിച്ച് അത് പൊരുത്തക്കെട്ടൊരു കാര്യമാണ് അങ്ങനെ പറഞ്ഞു വിടേണ്ട യാതൊരു ആവശ്യമുണ്ട് ഈ കഥ മനസ്സിലേക്ക് വെച്ചിരിക്കുന്നതാണ് വ്യാസന് ശിവന് ജനകന്റെ അടുത്ത് പറഞ്ഞു വിടേണ്ട ആവശ്യമുണ്ടാവും ആ അതിപ്പോ ഒരു പ്രത്യേകത ഉണ്ട് ഒരിടത്ത് വന്നാൽ ഒരിടത്തും ഇത് ചിക്കൻ ബോക്സ് പോലെയാണ് ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയോ എവിടെയായിട്ടും ഇത് കൊട്ടത്തിലുള്ളത് നമുക്കറിയാൻ പറ്റില്ല നിങ്ങൾ മഹാഭാരതത്തിലുള്ളത് ഭാഗവതെ കാണും ഭാഗവതി ഉള്ളത് മഹാഭാരതം കാണും അത് രാമായണത്തിൽ കാണും രാമായണത്തിലുള്ള അവിടെ കാണും അതെല്ലാം ഒന്നി എന്നെ മാറ്റി തിരിച്ച് കഴുകും അതുകൊണ്ട് വേറെടുത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിന് ഒരു കഥയും അതായത് ഇത്രയേ ഉള്ളൂ കഥയിലൂടെ തത്വങ്ങളെ ബോധിപ്പിക്കുമ്പോൾ കഥയിലും കിടക്ക കേടുകളൊന്നും തത്വത്തെ ബാധിക്കും തത്വത്തെ നമ്മൾ തത്വമായി തന്നെയാണ് ഇവിടെ ഇത്രയേ ഉള്ളൂ തത്വം ഈ പറയുന്നത് തത്വജ്ഞാനായിട്ടും സമാന ആ ഒരു തത്വം അതുകൊണ്ട് അതിനൊരു തപ്പമായിട്ട് നമുക്ക് അംഗീകരിക്കാം അത് ഒരാളുടെ പക്ഷം അതിന്റെ ഈ ഗ്രന്ഥകാരുടെ പക്ഷം അങ്ങനെ മനസ്സിലാവും ഈ ഗ്രന്ഥകാരുടെ ഒരു പക്ഷം തത്ത് കഴിഞ്ഞാലും അതെന്താ ഒരു അങ്ങനെയാകാം ഇത്രയാണെങ്കിൽ മനസ്സിലാകണം അതിനുവേണ്ടി കൊണ്ടുവന്ന കഥ അത് ഫ്ലോപ്പായിപ്പോയി എന്നാണ് ഞാൻ പറയുന്നത് പരിജ്ഞാതസ്വഭാവം തംശുഖം സജനോ നൃപ ആനീതം മുദിതാത്മാനം അവലോകി നന്നാമസ്വഭാവം സ്വഭാവം ജ്ഞാനം സ്വഭാവമായിരിക്കുന്നവൻ അങ്ങനെയുള്ള തംസുഖം സജനകൃപ രാജാവോയ ജനകൻ ആനീതം മുദിതാത്മാനം അവ ജനങ്ങളുടെ മുമ്പിലേക്ക് ആനയിക്കപ്പെട്ടു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എങ്ങനെ മുദിതാത്മാനം ആനന്ദത്തിൽ സന്തോഷപ്പെട്ടിരിക്കുന്നു ശുഗൻ ആനന്ദത്തിനോ ജ്ഞാനത്തിനൊന്നും ഒരു കുറവുമില്ല ശുഗന് ജ്ഞാനിയാണല്ലോ അവനോമിയാണ് ആ സുഖം എനിക്ക് നന്നാമ നമസ്കരിച്ചു ഇത് ആദ്യം ചെയ്യേണ്ടതാണ് ഈ പണിയൊന്നും ചെയ്യാറ് അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇത്തരം വൃത്തികേടുകളൊക്കെ ചെയ്തതിനായിട്ടും പിന്നെ എന്ത് ചെയ്തു നമസ്കരിച്ചു അലങ്കൃത്യച്ചോന്നു പിന്നെ നമസ്കരിച്ചു നിശേഷിത ജഗത് കാര്യം പ്രാപ്താക്കുന്ന മനോരഥ ജഗത്കാര്യ സംബോധനയാണ് തം വിശേഷിത ജഗക്കാരെ എല്ലാ കർത്തവ്യങ്ങളും പൂർത്തിയാക്കിവാൻ ഇത് ജനകം തന്നെ പറയുകയാണ് ഇനി ഒന്നും ഞാൻ കൃത്യകൃത്യം പ്രാപ്ത അഖില മനോരത്ഥ സർവ്വമനോരഥങ്ങളിൽ പ്രാപ്തമാക്കി ജ്ഞാനം കൊണ്ടെല്ലാം പ്രാപിച്ചു പിന്നെ ഇനിയൊന്നും പ്രാപിക്കാറില്ല ഇതൊക്കെ സംഭവം ചെയ്യുകയാണ് അതുപോലും അറിയാൻ കഴിയുകയും വിചാരിച്ചിട്ടില്ല എന്താ വേണ്ടത് ജനങ്ങൾ അറിയണ്ടേ എന്തിനാ സ്വാഗതമാണെന്നോ അവനെ സ്വാഗതം ചെയ്തു ഇവനും പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്തു നീ ഹൃദകൃത്യനവും ബ്രാഹ്മണവും അന്ന് നാം പറഞ്ഞ് നമസ്കരിച്ച് സ്വാഗതം ചെയ്തു കൊടുക്കും അപ്പൊ ഈ എപ്പിസോഡ് മുഴുവൻ വായിപ്പോയി എന്ന് മനസ്സിലാക്കും ഇനി ഇമ്പോർട്ടെന്താണോ നോക്കാം വാച്ച സംസാരാടംബരിതം കഥ അഭ്യുദ്ധം യഥാ കഥയാണോ പാതാലാമം അദ്ദേഹത്തിന് ചോദ്യം സ്വന്തം പിതാവിനോട് ചോദിച്ചു ചോദ്യം എന്താണ് അപ്പോ തത്വജ്ഞാനം ഉണ്ടായി പക്ഷേ എന്താണ് കഥം പ്രശവമായ ഇതെങ്ങനെയാണത് ശമിക്കുന്നത് ഇതാണ് അറിയേണ്ടത് ഇതാണ് ശിവന്റെ പ്രശ്നമുണ്ടാവും പ്രപഞ്ചം ശ്രമിക്കുന്നില്ല ഉപ ശ്രമിക്കുന്നില്ല ഞാനുമല്ലാന്ന് പ്രശ്നങ്ങളും അതിനോടൊപ്പമുണ്ട് അത് ഇതെങ്ങനെ ശമിക്കും അതെനിക്ക് പറയുക ആ ഇത് ശമിക്കുന്ന എങ്ങനെയാണ് ഇനി സമാധിശീലിക്കണം അല്ലെങ്കിൽ അത് ചെയ്യണം ആദ്യ സവികൽപ്പം പിന്നെ നിർവികൽപ്പം ഇതൊന്നും ജനകം പറയുന്നില്ല പിന്നെ ജനകൻ എന്താ പറയുന്നത് ജനകേനെയും ദുഷ്ടേന ശുഭിതം തഥ തതയോയം പുരാത്മോക്തം തസ് ചിത്രാമഹാത്മന പൃഷ്ഠേന ചോദ്യം ചോദിക്കപ്പെട്ടതായ ജനൻ എന്തു പറഞ്ഞു എന്തു പറഞ്ഞു ശുഭശ കഥിതം തദിവയത് പുരാപ്രോക്തം തസ് പിത്ര മഹാത്മന അതിന്റെ മഹാനായ പിതാവെന്ന് പറഞ്ഞു അതെന്നു പറഞ്ഞു കൂടുതലെന്നും പറഞ്ഞു അച്ഛൻ പറഞ്ഞേക്കൂടുതലൊന്നും പറയാൻ മനുഷ്യനറിയില്ല എന്നുകൊണ്ട് ദൈവം ജ്ഞാനിയാണ് അച്ഛനും ജ്ഞാനിയാണ് മകനും ഞാനിയാണ് മൂന്നുപേരും ഞാനികളാണ് അങ്ങനെ എന്ത് പറയാം അച്ഛൻ പറഞ്ഞത് എന്ത് പറഞ്ഞു അതൊരു ജ്ഞാനിയോട് ഞാൻ ഉപദേശിച്ചിട്ട് എന്താ പറയുക അപ്പൊ ശിവൻ മകൻ പറയുന്ന മറുപടി ചെന്നില്ല സ്വയമേവം മയാഗോഹം യഥാതെ ഭരതവാ ചോദിച്ച ചോദ്യത്തിൽ എണ്ണം മറുപടി പറയും ഇതെങ്ങനെ ശമിക്കുമെന്നുള്ള ചോദ്യത്തിൽ എല്ലാം മറുപടി പറയും ആണ് പറയുന്നത് നിങ്ങളീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വയമേവ മയാപൂർവമേകം വിവേകം വിവേകം കൊണ്ട് എത്ര സ്വന്തം ആരും പറഞ്ഞുതരാം മയാപൂർവമേദം ജ്ഞാതം ചിലർക്ക് അങ്ങനെയാണ് ജന്മനാൽ തന്നെ എന്താണത് വിവേകം ഉണ്ടാവും ബോധമുണ്ടാവും എങ്ങനെയുണ്ടാകും അവര് ഈ കാണുന്നതെല്ലാം വിവേകിച്ചറിഞ്ഞ് പ്രകൃതിയെ തന്നെ നിരീക്ഷിച്ച് ദത്താത്രേന്റെ കുറ്റും കഥ പറയാം എല്ലാത്തിനൊന്നും പഠിച്ചു പഠിച്ച് അവർക്ക് സ്വയം ഗാനം ഉണ്ടാവും അങ്ങനെ സ്വയം എനിക്ക് പ്രായത്തിൽ നമ്മളീ പറഞ്ഞു സ്വയം വിവേകം ഉണ്ടായി എന്ത് ജനകം പറഞ്ഞ് നമ്മളീ പറയുന്ന വേദാന്തമാണ് പറയുന്നത് കൂടുതലൊന്നും പറയാനില്ല ബ്രഹ്മസത്യം ജഗത് വിദ്യാ പറയുന്നു പറയുന്നത് ഇതൊന്നും പഠിക്കാതെ എന്ന് ഞാൻ ഇന്നത്തെ നേരത്തെ മനസ്സിലാക്കി കൃഷ്ണയിലും മിത്ര സമീപം എന്ന് വെച്ചാൽ വളരെ വ്യക്തമായി ഈ കാര്യം ഞാൻ ചോദിച്ചപ്പോ എന്റെ അച്ഛനും പറഞ്ഞു കൂടുതലൊന്നുമല്ല ഞാൻ മനസ്സിലാക്കിയതേ പിന്നെ ഭവർ വാക്രഹ വാക്താംബരഹ വാലവണി വളരെ പഠിത്തനാണ് അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് എന്റെ അച്ഛൻ പറഞ്ഞതും അങ്ങും പറഞ്ഞു കൂടുതലെന്നും പറഞ്ഞില്ല അത് വേറൊരു കഥ അങ്ങനെ കഥയുണ്ട് ദേവിഭാഗത്തിൽ അത് ഇതുമായിട്ട് നമ്മൾ യോജിക്കണ്ട യോജിപ്പിക്കേണ്ട അത് പല പുരാണങ്ങളും പല കഥകളിലാണ് അതെന്തിനാണ് അതും സന്യാസത്താൽ ശ്രേഷ്ഠമാണ് ഗ്രഹസ്ഥ എന്താണ് ഗൃഹസ്ഥാശ്രമം എന്ന് വേണ്ടി മായയുടെ പിടിയിൽ നിന്ന് ആരും മോചിക്കില്ല എന്നത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു അത് മറ്റുള്ള ഇതുവരെ യോഗിക്കുന്നതായിരിക്കും ഇവിടെ പറയുന്നത് ഞാൻ മനസിലാക്കി അച്ഛൻ പറഞ്ഞതെന്ന് എന്താണ് വാഗ്വിതാംബരഹ വാക്കുകളെ അറിയുന്നതിന് ശ്രേഷ്ഠമായിട്ടുള്ള പാചകം അടിക്കാൻ ബഹുമടിക്കും ക്ഷേത്രം കണ്ടിട്ടില്ലേ ജനകൻ പാചകമടിക്കുന്നു പല സരത്തുമുണ്ട് മഹാഭാവത്തിലൊക്കെ എന്നുവെച്ചാൽ തത്വം ജനങ്ങളും നല്ല ദൃശ്യമാണ് അത് ഗ്രന്ഥകാലമൊക്കെയല്ല ജനകനും വ്യാസനും സുഖരും തത്വജ്ഞാനങ്ങളാണ് അതിന് ഒരാള് മേൽ ഒരാൾ താഴെ അങ്ങനെയൊന്നുമില്ല അപ്പോ ഒരാൾ വേറെ ആളെ അടുത്ത് പോകേണ്ട കാര്യമില്ല ഒരാൾ വേറെ ആഞ്ഞേണ്ട കാര്യമില്ല പിന്നെ ശുഭബ്രഹ്മശേഷം ഞാൻ ആദ്യം പറഞ്ഞത് അച്ഛൻ ഉപദേശിച്ചു മനസ്സിലായ ആളല്ല പിന്നെയോ ജന്മനായ കഥയിൽ വരുന്ന പൊരുത്തക്കേടും അപ്പൊ നമ്മൾ ജ്ഞാനികളായി ഉണക്കുന്ന വ്യാസനോ ശുനോ ജനകനോ ഒരു പ്രശ്നമില്ല കഥ എഴുതിയാണ് പൊരുത്തക്കേട് ഉണ്ടാകുക അങ്ങനെ ഒരു കഥ കൊണ്ടാകുന്നതിന് യാതൊരു അർത്ഥവുമില്ല ജന്മന ഞാൻ ചെയ്യുന്നത് വെച്ചുകഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെയാണ് ചിലര് ജന്മന പാട്ടുകാരും എല്ലാവർക്കും പാടാൻ പറ്റും ചിലര് ജന്മന ചിത്രകാരന്മാരായാലും എല്ലാവർക്കും പറ്റും ചിലര് ജന്മനോ കള്ളന്മാരായിരിക്കും ഇങ്ങനെ പലതും ജന്മന അങ്ങനെയാണ് അവർക്ക് വിലക്ഷണമായ ദുഃഖിയാണ് എല്ലാത്തിനും പഠിക്കും അതാണ് ഞാൻ ദത്താത്രം അവരാരും പഠിപ്പിക്കേണ്ട കാര്യങ്ങള് അന്ന് പറഞ്ഞു വിവേകത വിവേകം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ് എല്ലാം വിവേകിച്ച് അറിയിക്കുന്നതിനുള്ള ഒരു ബോധം ജന്മനുണ്ടാവും അതിൽ ചിലര് സന്യാസിമാരായി ജനിക്കുന്നത് ജന്മന എന്തോ അവരുടെ ഒന്ന് വിശേഷം ഇനി ഇതും കൂടാതെ ഇപ്പൊ എത്ര കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ശിവൻ എത്ര കാര്യം എത്ര തരത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ചാണ് പറഞ്ഞോളൂ മൂന്ന് ഇനി ഒന്നുകൂടെ ഉണ്ട് അതും വളരെ പ്രധാനപ്പെട്ട ഏഷ്യ വാക്യാളിക ശാസ്ത്രജ്ഞ അതായത് വ്യാസന്റെ മഹാജ്ഞാനിയായ വ്യാസന്റെ മകനാണ് ശിവൻ അപ്പൊ വ്യാസന്റെ എന്തൊക്കെ അറിഞ്ഞു അതെല്ലാം ശുഖനും അറിയാം ശാസ്ത്രങ്ങളിൽ നിന്നും എന്താണ് വാക്യാർത്ഥം ശാസ്ത്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വാക്യാർത്ഥം ഞാനുണ്ടറിയാം പരിദൃശ്യതേ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ശാസ്ത്രങ്ങളുടെ വാക്യാർത്ഥം ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് അപ്പൊ നാല് തരത്തിൽ ശുഖബ്രഹ്മഷി ഒരേ തത്വത്തെ മനസ്സിലാക്കിയിരിക്കണം നാലുപായങ്ങളിലൂടെ അച്ഛനിലൂടെ ആദ്യ സ്വയം പിന്നെ അച്ഛനിലൂടെ പിന്നെ ജനകനിലൂടെ പിന്നെ ശാസ്ത്രങ്ങളിലൂടെ എല്ലാത്തിനെയും അവിടെയാക്കി ഇങ്ങനെ എന്താണോ ജന്മനായി ആയി ഇന്ന് ഒരാളെയാണോ ജനകം പോയി പരീക്ഷിക്കുന്നത് അവർക്ക് അത്ര ഞാനം ഉണ്ടോ എന്നൊരു കഥ എഴുതാന്ന് പറയുന്നത് എന്റെ അങ്ങനെ യാതൊരു പരീക്ഷണത്തിനും യാതൊരു പ്രസക്തികളിലും അത് സുഗന്ധ വാക്കുകളും തന്നെ വ്യക്തമാണ് അതും അല്ല ഇനി പറയുന്ന കാര്യം ഈ ആശയം സ്വവികല്പോത്ത സ്വവികല്പ പരീക്ഷയാവുകയാണ് നിസ്സാരോ അത് എന്താണ് ഗ്രന്ഥകാരന്റെ ആശയമാണ് ഇവിടെ പറയുന്നത് എന്താണ് അയം വികൽപോത്ഥെന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്നുണ്ടായോ പരിക്ഷണം ഈ സങ്കല്പങ്ങൾ ക്ഷയിച്ചു കഴിഞ്ഞാൽ ക്ഷീണ സംസാരം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ദഗ്ധ സംസാരം എന്ന് പറഞ്ഞാൽ എന്താണ് ജ്ഞാനം കൊണ്ട് ബാധിതമായ സംസാരം അത് എന്താണ് സങ്കല്പങ്ങൾ ഇല്ലാതാകുന്നു ഈ സംസാരം ഇല്ലാതാകുന്നു അതെവിടെ സമാധിയാണ് ആ സമാധിയെ കുറിച്ചാണ് ചില അറിയുന്നത് അതുകൊണ്ട് ജ്ഞാനത്തിൽ നിന്ന് സമാധിയിലേക്ക് വന്നു പോയാൽ അതൊരു പ്രക്രിയയാണ് അദ്വൈതത്തിന്റെ ഒരു പ്രക്രിയയാണ് അതിന് ദോഷമൊന്നും അതാണ് ഗ്രന്ഥകാരൻ എന്നോട് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാൽ ദഗ്ധ സംസാരം സംസാരം സംസാരം ദഹിക്കുക എന്ന് പറഞ്ഞാൽ ബാധിക്കുക ബാധിക്കുന്നത് എങ്ങനെ പറ്റുമോ ജ്ഞാനമാണ് പക്ഷെ എന്താണ് പറയുന്നത് പരീക്ഷയ സ്വികല്പ പരിക്ഷയ സങ്കല്പങ്ങൾ ക്ഷയിക്കണം ചെയ്യിച്ചു കഴിഞ്ഞാൽ എന്തു പറഞ്ഞു ഞാനും കൊണ്ട് ബാധിതമായ ഈ സംസാരം ക്ഷയിക്കുന്നു പ്രതീതിയില്ല ആ ഞാനും ഉണ്ടായിക്കഴിഞ്ഞാൽ ചുരൻ പറയുന്ന കാലം പറയുന്നത് ഞാനും ഉണ്ടായ പോര പിന്നെ എന്തുവേണോ സമാജക്ക് ഇത് ക്ഷയിക്കണം ഇതാണ് ഇത് നിശ്ചയം ഇക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് എന്നാണ് എന്നിട്ട് ഗ്രന്ഥകാരൻ ഇക്കാര്യത്തിൽ ഉറപ്പാണ് ജ്ഞാനം കൊണ്ട് ദഗ്ധമായ പോലെ സമാധികൊണ്ട് ക്ഷയിക്കണം സുഖനെന്ന് പറയുന്നത് ഗ്രന്ഥകർത്താവ് എന്റെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ കഥാപാത്രമാണ് മനസ്സിലായോ ഇനി വേറൊരു ശിവൻ പറയുകയാണ് എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞത് മതി എന്ത് ജ്ഞാനം കൊണ്ട് വിദഗ്ധമായ മതി സമാധി വേണ്ടെന്ന് പറഞ്ഞാൽ ആ ശിവനെ നമ്മൾ അംഗീകരിക്കും സുഗന്ധ ജ്ഞാനത്തെ ഇങ്ങനെയാണെന്ന് പറയുന്ന ഇതൊക്കെ നമ്മൾ ഗ്രന്ഥകാരന്റെ കാഴ്ചപ്പാടായിട്ട് മനസ്സിലാക്കും ഭാഷ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഭാഷകാരന്റെ മനസ് ആശയമായി മനസ്സിലാകും ഇതാരെഴുതിയെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് ഇത് എഴുതിയ ഗ്രന്ഥകാരത്തെ കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞു അവര് തത്വത്തിന്റെ പ്രശ്നമൊന്നുമില്ല കഥയിലാണ് പൊരുത്തക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ ജനജനോ വ്യാസനോ ശിവനോന്നോ ഒരു പ്രശ്നമുണ്ട് അവര് തത്വവിജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞാലും സമാധിയെ കുറിച്ച് പറഞ്ഞാലും അതൊക്കെ ശാസ്ത്ര പ്രക്രിയയുണ്ട് അപ്പോ ഗ്രന്ഥകാരൻ അങ്ങനെ ഒരു പ്രക്രിയ അത് ബോധപൂർവം തന്നെ അവതരിപ്പിക്കണെന്താണെന്ന് ഭാഷ്യം പോരാ അതിനൊന്നും മുമ്പോട്ട് പോകണം എന്നൊരു കാഴ്ചപ്പാട്ടോടുകൂടി പറയുന്നത് ഇതാണ് പിന്നെ വിദ്യാർത്ഥിനി സ്വാമിയൊക്കെ സ്വീകരിച്ചത് അപ്പൊ അവര് ജ്ഞാനം പ്ലസ് സമാധി എന്നാണ് അത് വരുന്നത് അവരെയൊക്കെ സ്വാധീനിച്ചത് തത്ത്വജ്ഞാനിയെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കുന്നത് നമ്മളല്ല ദുരന്തകരീക്ഷ പരീക്ഷിക്കാത്ത സമാധിയിലേക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ അതുകൊണ്ട് പറയാൻ അറിയത്തു പറഞ്ഞു കൊടുക്കട്ടില്ല അപ്പോ അത് പറയാതിരിക്കാൻ വേണ്ടി ജനങ്ങളെ ശിവനെ ഒരുപാട് ശ്രദ്ധിക്കുകയാണ് കോഴിക്കുകയാണ് ഞാനി മഹാനും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ശിവന് മനസ്സിലായി ഇവിടെ കാര്യം നടക്കത്തില്ല ശിവനെന്ത് നേരെ ആലിരുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് നിറവുകൾ പമാധിയില് പതിനായിരം വർഷം അങ്ങനെ പോയി അറിയില്ല അപ്പൊ ഇങ്ങനെ പോയി നിറകെൽപ്പ സമാധി പതിനായിരം വർഷം ഇരുന്ന ആള് അല്ല കല്യാണം കഴിച്ചത് അതർ അത് വേറൊരാളാണ് ഇതൊക്കെ ഓരോരുത്തരുടെ ഗ്രന്ഥകാരന്മാരുടെ അഭിപ്രായം വേണ്ടിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളും സൃഷ്ടിച്ചു അവരുടെ തത്വചാത്രങ്ങളോടെ അവസരം തത്വചിന്തയില് ഇപ്പോഴും മനസ്സിലാക്കും തത്വചിന്തയിൽ നല്ല പൊരുത്തം കേട്ട് വരുന്ന കഥകളിലാണ് വേറെ കഥ ഇവിടെ നമുക്ക് ചെറുപ്പിക്കാൻ ശരിയാവും വഴി മാറിക്കും അങ്ങനെ ദേവി ഭാഗവതം വായിച്ചു അവിടെയുള്ളത്